മരണത്തെ ഭയന്ന് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തുപോയവരെ നീ കണ്ടില്ലേ അള്ളാഹുസുബഹാനഹൂവത്ത ആല അവരോട് നിങ്ങൾ മരിക്കുക എന്ന് കൽപ്പിച്ചു പിന്നീട് അവരെ അവൻ ജീവിപ്പിച്ചു തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവത്ത ആല മനുഷ്യർക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്നവരാകുന്നു എന്നാൽ മനുഷ്യരിൽ അധികപേരും നന്ദി കാണിക്കുന്നില്ല